അപ്പം ഇതിന്റെ കാരണം അനുകമ്പ ഇല്ലായില്ല അപ്പൊ അനുകമ്പ വന്നാൽ ഉരുവാം ഉടൽവിട്ട് കീർത്തിയാം ഉരുവാർന്ന് ഇങ്ങനുക നിന്നിടും അരിവിൻ്റെ തലത്തിലുള്ള കീർത്തിയുടെ രൂപത്തിൽ അനുകമ്പ എന്ന മൂല്യം എന്നും നിലനിൽക്കും അതുകൊണ്ട് അനുകമ്പയാണ് ആത്മാനുഭൂതി അത് മാത്രേ നേടത്തൂ അതെങ്ങനെ ചുമ്മാ നേടാൻ പറ്റുമോ ഇല്ല അരുടെ അതിൽ നിന്ന് അൻപിയെന്നാണ് അനുകമ്പയുണ്ടാവുന്നത് അത് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഈ അനുകമ്പ ആണ് പൂർവന്മാർക്കുണ്ടായിരുന്നത് ഇതിന് തെളിവേണ്ടേ നാരായണ ഗുരുദേവൻ പൂർവ്വചരിതത്തിലേക്ക് പൂർവന്മാരുടെ ചരിതത്തിൽ നിന്നാണ് ഇത് പഠിക്കുന്നത് അനുകമ്പ ആർക്കൊക്കെ ഉണ്ടായിരുന്നു പൂർവാചരിതം എങ്ങനെയാണ് ഈ അനുകമ്പ പൂർവികർ നേടിയത് ആദ്യത്തെ ഒന്നാം ഭാഗത്ത് അതിൻ്റെ തിയറിയാണ് പറഞ്ഞത് ഇനി അതിൻ്റെ അപ്ലൈഡ് ആണ് പറയാൻ പോകുന്നത് ഭാരതീയ ദർശനത്തിൻ്റെ ജ്ഞാന വിജ്ഞാന തലങ്ങൾ ഒന്നാം ഭാഗത്ത് ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു അതിനെ ഒന്ന് സംക്ഷേപിച്ചു പറഞ്ഞാൽ ഒന്ന് എന്നിൽ നിന്ന് ഈശ്വരബോധം പോകരുത് ബാക്കി ഒന്നും നഷ്ടമല്ല ഏറ്റവും വലിയ സമ്പത്ത് നാരായണ സ്മൃതിയാണ് സമ്പദോ നൈവ സമ്പത വിപത് വിസ്മരണം വിഷ്ണു സമ്പദ് നാരായണ സ്മൃതി ഇങ്ങനെയാണ് പ്രാചീനര് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇതിനകത്തൊക്കെ ലോട്ടറി എടുത്തു വെച്ചിട്ട് മനസ്സറിയാതെ പണം ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്ക അതാണ് സ്മരണം പൂർവന്മാർ സ്മരിക്കുന്നത് ഇത് മാത്രാണ് എന്താണ് സമ്പത്ത് എന്താണ് ആപത്ത് വിപത്തൊന്നു മാത്രമേ ഉള്ളൂ വിഷ്ണുവിസ്മരണം ഇടതടവില്ലാത്ത തൈലധാര പോലെയുള്ള ഈശ്വര ചിന്തനമാണ് അവർക്ക് സമ്പത്ത് ബാക്കി ഒന്നും സമ്പത്തല്ല അതിലെ ഉറച്ചു നിന്നാലോ ബാക്കിയൊക്കെ ആവശ്യത്തിന് വന്നോളൂ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയൊന്നും വേണ്ട സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ടൊന്നും നമ്മുടെ ആവശ്യം നടക്കുകയില്ല ലോകത്ത് ഇന്നുവരെ കാര്യങ്ങൾ യഥാതധമായി നടത്തിയിട്ടുള്ളവരെല്ലാം ഈ സ്മരണയിലൂടെ മാത്രം പോയവരാണ് അത് കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക അവർക്ക് ഈ കണക്കും അവരുടെ പോ കൊറ്റ വഴിക്കാണ് ഈശ്വരാനുസന്ധാനം വഴി മാത്രം എപ്പോൾ വേണമോ അതെല്ലാം അവർക്ക് വന്നു ചേരുക വന്നു ചേരുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനായി എന്ന് വരില്ല അവരാഗ്രഹിക്കണ്ട അത് നടന്നിരിക്കും മറ്റവൻ ആഗ്രഹിച്ചാലും കയ്യിലുണ്ടെങ്കിലും നടക്കുക ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ കാര്യം മാത്രം നടക്കുക അതാണ് മഹദനുഗ്രഹം എന്ന് പറയുന്നു അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വിപതോ നൈവ വിപത വിപത്തൊന്നും വിപത്തല്ല സമ്പതോ നൈവ സമ്പത സമ്പത്തൊന്നും സമ്പത്തുമല്ല വിപത് വിസ്മരണം വിഷ്ണു വിഷ്ണുവിനെ വിസ്മരിക്കുന്നതാണ് വിപത്ത് സമ്പത്തോ നാരായണസ്മൃതി സമ്പത് നാരായണസ്മൃതി ഇത് കേട്ടിട്ടില്ല ഇതൊക്കെ പഴയ ആളുകൾ വീട്ടിലിരുന്ന് സന്ധ്യക്ക് ജപിച്ചിരുന്നതാണ് ഈ വെളുപ്പം കാലത്ത് സന്ധ്യയ്ക്ക് ഒക്കെ നാമം ജപിച്ചു ശീലിക്കണം വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജവിക്കുകയല്ല ജവിച്ചാ മോശമാവും അതൊക്കെ ഈ അജ്ഞാനികളുടെ തലമാണ് ഇങ്ങനെ കുറെ ജ്ഞാനികള് ജ്ഞാനികൾ ഞാനി നല്ല പറയണ്ട ഹിന്ദിയിലാകുമ്പോൾ ജ്ഞാനികളെന്നാണ് പറയുക നിങ്ങളുടെ കൂട്ടത്തിൽ കാണാം ഇതൊക്കെ വളരെ മോശമാണെന്ന് ചിന്തിക്കുന്നവർ പക്ഷെ ഇത് ശ്രവണം ചെയ്യാതൊന്നും കടന്നുപോകില്ല വെറുതെ പുസ്തകത്തിൽ അത് പറയാമെന്നുള്ളതേ ഉള്ളൂ അതിന്റെ അനുഭൂതിയൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആചാരങ്ങളും മര്യാദകളുമൊക്കെ ഉണ്ട് അതൊക്കെ വേണ്ടതുപോലെ തന്നെ കൊണ്ടുപോകണം അപ്പൊ വിപത് വിസ്മരണം വിഷ്ണു വിഷ്ണു വിസ്മരണമാണ് വിപത്ത് സമ്പദ് നാരായണ സ്മൃതി കുട്ടിക്കാലത്തായാൽ ഏറ്റവും നന്ദ വയസായിട്ട് ജപിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ചേമ്പ് വെന്തോ എന്നൊക്കെ തോന്നും കാരണം വാസന അവിടെയാണ് കീർത്തനം ചൊല്ലാൽ നിന്നാലും ഏകാഗ്രതയൊന്നും കിട്ടുക അടുപ്പിലെ ചേമ്പിന്റെ വെള്ളം വറ്റിപ്പോയോ കൽച്ചട്ടിയുടെ അഴിപ്പിടിച്ചോ എന്നൊക്കെ തോന്നും മാത്രമല്ല ചിലപ്പോൾ അപകടങ്ങൾ പലതും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രായമുണ്ട് ഒരു ശൈശവം അതുകൊണ്ട് അടുത്ത ജന്മത്തിലാകാം എന്ന് വെച്ച് ഞാൻ പറഞ്ഞിരുന്നതായിട്ട് കൂട്ടിയാമന് ഒരുപാട് വയസ്സായവരായതുകൊണ്ട് പറയുകയാണ് സരസ്വതീയാമം കഴിഞ്ഞു എന്നാലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് സഹസ്രതലങ്ങൾ വിടർന്നു വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു ഇനിയും ഒരംഗത്തിന് ബാല്യം ഉണ്ടോന്ന് കവി സംശയിക്കുന്നുണ്ട് സാരമില്ല ജന്മങ്ങളുണ്ടല്ലോ പേടിക്കണ്ട അതുകൊണ്ട് വെളുപ്പാങ്കാലത്തേക്ക് എഴുന്നേറ്റിരുന്ന് കുംഭീന്ദ്രൻ ഗോയ്തൃകൂ പണ്ടാപാൽ മുതലകടി വിടഞ്ഞു അന്നേരം കൊന്നുവണ്ണം കരിവരൻ കാൽത്താരോർത്തു ഭജിപ്പവർക്കും എളുതം നിർത്തിയിടും ആപത്തിനെത്തിർത്തിട്ട് അർദ്ധവും അർദ്ധ ഗാത്രസുഖവും പ്രത്യേകമേകുമ്പാർത്തട്ടിൽ പരമർദ്ദനാ മടിയനെ കാത്തിയിടുകരം കീർത്തിയാ നൽഗുരുവായു മന്ദിര വഴു മൂർത്തിൽ കുടികൊള്ളൻ ഗണപതി എന്നൊക്കെ ചൊല്ലി പഠിക്കണം ചെറുപ്പത്തിലാ പഠിച്ചെങ്കിൽ നമുക്ക് എങ്ങനെ സ്ഥിരകളിലൊക്കെ കിടന്ന് ഇങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്ന വേളയിലൊന്നും കർമ്മം ഉണ്ടാവില്ല ഇവനെ ഉണ്ടാവുള്ളൂ കോശങ്ങളിൽ അപ്പൊ അവന്റെ കർമ്മത്തെ നിയന്ത്രിക്കുന്നത് അവന്റെ ബുദ്ധിയായിരിക്കില്ല ഇതൊക്കെ ആയിരിക്കും നിയന്ത്രിക്കുന്നത് അതൊരു അനുഗ്രഹാണി അതിന് നല്ല സുഹൃത്തുള്ള തന്തയ്ക്കും തന്തല്ലക്കൊക്കെ ജനിക്കണം അല്ലേ അതല്ലേ എൻ്റെ വഴി അത് മാത്രമാണ് അതിൻ്റെ വഴി അപ്പോൾ അത്രയൊക്കെ ഉണ്ടായാൽ നല്ല വഴിയായി അതുകൊണ്ട് വിപത് വിസ്മരണം വിഷ്ണു അപ്പം നമ്മളിതിനെ ക്രോഡീകരിച്ചാൽ കരുണാകര നിന്റെ തിരുമയിലിട്ടകലാത്ത ചിന്ത എൻ്റെ ഉള്ളിൽ സദാ സർവത നിൽക്കണം ഇതാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു നാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിൻ്റെ കേന്ദ്ര ബിന്ദു കരുണയുടെ ആകരമായ അതാ പദം തന്നെ അനുകമ്പാദശകത്തിൽ തെരഞ്ഞെടുത്തതാണ് സ്വാഭിപ്രായ വിശേഷണം വരും പരികരം സ്വാഭിപ്രായ വിശേഷണം എന്ന അലങ്കാരശാസ്ത്രത്തിൽ പറയും ഇവിടെ പരികര അലങ്കാരം പറയാം സാഹിത്യ വിദ്യാർത്ഥിക്ക് കരുണാകര കരുണയുടെ ആഗരമായിരിക്കുന്നവനെ അനുകമ്പ സ്വരൂപമായിരിക്കുന്നവനെ നിന്നെ പ്രാർത്ഥിക്കുന്ന നീ എൻ്റെ നിന്റെ തിരുമൈ വിട്ടകലാതിരിക്കുന്നിടത്തോളം കരുണാകര നീ എൻ്റെ ഉള്ളിൽ വസിക്കുന്നിടത്തോളം ഞാൻ ആശ്രിതവത്സലനായിരിക്കും എല്ലാവർക്കും അനുകമ്പയെ ചൊരിയുന്നവനായിരിക്കും അത് ആ ഒരു കേന്ദ്രബിന്ദുവിൽ നിന്ന് നോക്കുമ്പോഴാണ് രണ്ടാം പാദമായ ഒരു വീടെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ എന്തുകൊണ്ട് അനുകമ്പ ഉണ്ടായത് കരുണാകരനാകുന്ന അരുള് അറിവ് ഞാനാണെന്നും എൻ്റെ ഉള്ളിലാണെന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് ഇത്രയാണ് ഇതിൻ്റെ കേന്ദ്ര അതിനെ ആസ്പദമാക്കി അരുളാണ് ആനന്ദമെന്നും ഇരുളാണ് ദുഃഖമെന്നും അരുളും അൻപും അനുകമ്പയും ആണ് വേണ്ടതെന്നും അതില്ലാതെ വന്നാൽ അരുളില്ലാതെ വന്നാൽ അരുളില്ലാത്ത നെഞ്ചിൽ അൻപിയില്ലാത്ത നെഞ്ചിൽ സകല ദുഃഖങ്ങളും ഉണ്ടാകുന്നുവെന്നും രണ്ടാം ഭാഗം അരുളില്ലാത്തവൻ വെറും എലുംപും തോരും അസ്ഥിയും സ്ഥിരയുമാകുന്ന നാറുന്ന ശരീരത്തോടുകൂടിയവനാണ് അറിവ് വന്നിട്ടാണ് അത് കീർത്തിതമായിത്തീരുന്നത് ആ ശരീരത്തിന് നാറുന്ന ശരീരത്തിന് അസ്ഥിജായത് വർദ്ധത വിരുപരിണാമതേ അപക്ഷീയതെന്ന് ഉണ്ടാവുക പ്രകടമാവുക വർദ്ധിക്കുക പരിണമിക്കുക നശിക്കുക എന്ന ആറ് അവസ്ഥാന്തരങ്ങളുണ്ടെന്ന് അറിവിന് അവസ്ഥാഭേദങ്ങളില്ലെന്നും അറിവ് അനുകമ്പയാർന്ന് കീർത്തിയാകുന്നു എന്ന് അതുകൊണ്ട് അറിവാണ് ഉണ്ടാവേണ്ടത് അതനുകമ്പ തന്നെയാണെന്ന് അഞ്ച് ശ്ലോകങ്ങളിലൂടെ ഗുരുദേവൻ താത്വികമായി അവതരിപ്പിച്ചു അപ്പോൾ ഒരു ശിഷ്യഞ്ചരി ചൊയ്യ ഇതൊക്കെ അപ്രായോഗികമല്ലേ എന്നൊന്ന് സങ്കല്പിക്കുക ഈ കാലഘട്ടത്തിൽ ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ പണ്ട് ഇങ്ങനെ ആരെങ്കിലും ജീവിച്ചോ ആർക്കും ജീവിക്കാൻ പറ്റാതെ ഉദാഹരണമൊക്കെ പറഞ്ഞാൽ എങ്ങനെയാവും അതുകൊണ്ട് നല്ല ഉദാഹരണം ജീവിച്ചത് കാലപ്രവാഹത്തിലൂടെ അതിൻ്റെ ഒരു പരമ്പരയെ തന്നെ ഗുരു ബോധ്യപ്പെടുത്തുക ലോകത്ത് ജീവിച്ചവരുടെ പരമ്പര ഉണ്ടായി മറഞ്ഞവരുടെ ജീവിതം രണ്ടെണ്ണമാണ് ആരാണ് ഭൂമിയിൽ ജീവിച്ചത് ആർക്കാണ് പരമ്പരയുള്ളത് ആ പരമ്പരയുടെ സ്വഭാവം കാലത്തെ എഴുന്നേറ്റിരുന്ന് സപ്തനദികളെയും സപ്തർഷികളെയും സപ്തചിരഞ്ജീവികളെയും ഒക്കെ സ്മരിക്കും അങ്ങനെയൊക്കെയാണോ ഉടുത്ത തുണിയും വേറിടത്തായി പായന്ന് രാവിലെ കണ്ണിഞ്ചിരി തിരുമ്മി എഴുന്നേറ്റ് കാലമേ എഴുന്തിരുന്ന് അരമണിക്കൂർ തൂങ്കവാർ കശപ്പാന കാപ്പിയിൽ മധുരമുള്ള ശർക്കരയും പൂട്ടി തപസാകമെല്ല മെല്ലാം കുടിപ്പവാർ എന്ന പ്രമാണത്തിലായിരിക്കും മറ്റവനങ്ങനെയല്ല എഴുന്നേറ്റ് എഴുന്നേ അവൻ ഉണന്നാൽ ഉടനെ കയ്യേ നോക്കും കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാ ഗൗരി പ്രഭാതേ കരദർശനം ദേശംഭേദം ഉണ്ടാവും നിങ്ങൾ പഠിച്ചതുമായിട്ട് കരമൂലെ സുഗോവിന്ദ രണ്ട് ദേവതകളെ സ്മരിച്ചിട്ടൊരു ദേവനെ സ്മരിക്കുമ്പോൾ ഏകാഗ്രത പോകാതിരിക്കാനാണ് പ്രാചീനർ എഴുതിയത് ഇങ്ങനെയാണ് ആധുനികരഥം അല്പം മാറ്റി ഗോവിന്ദനായിക്കോട്ടെ ഗോശബ്ദം കൊണ്ടും ധർമ്മം തന്നെയാണ് ഗൗരിയും ധർമ്മം തന്നെയാണ് സരസ്വതിയും ലക്ഷ്മിയും കഴിഞ്ഞ് ഗൗരിയെ സങ്കല്പിക്കുമ്പോഴാണ് ചാരുവായൊരു സങ്കല്പനം വരുന്നത് അതുകൊണ്ട് അവർ പാരമ്പര്യമായി പഠിച്ചതാണ് നിങ്ങൾക്ക് ഈ പലതും ഒന്ന് പുണ്യം വരുള്ളൂ മാറ്റുന്നത് പലപ്പോഴും വികലവുമാണ് അപ്പോൾ അതാദ്യം കാണും അപ്പോൾ പിന്നെ ആരെയും പഴക്കു പറയേണ്ട കാര്യമില്ല ആരുമായും മല്ലടിക്കേണ്ട കാര്യമില്ല കാരണം എൻ്റെ ലക്ഷ്മി എൻ്റെ കരാഗ്രഹത്തിലാണ് കരാഗ്രഹത്തിൽ ലക്ഷ്മി ഇരിക്കുന്നവനാ അച്ഛനോട് ഭാഗത്തിന് വഴക്കുണ്ടാക്കണ്ട അമ്മയായിട്ട് ഏറ്റുമുട്ടണ്ട ഭർത്താവിൻ്റെ വർഷാസനത്തിന് പോയി കുടികിടപ്പും വേണ്ട എൻ്റെ കരാഗ്രഹത്തിലാണ് എൻ്റെ ലക്ഷ്മി അതുകൊണ്ട് ഞാൻ ജീവിക്കും ലക്ഷ്മിക്കുവേണ്ടി എനിക്ക് വെളിയിലൊരു നേട്ടവുമില്ല അത് നല്ല ഉറപ്പും നെഞ്ചുറപ്പോടെയുമാണ് ഇരിക്കുന്നത് അതാണ് കരാഗ്രി വസതി ലക്ഷ്മി കരമധ്യത്തിൽ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെയാണ് സരസ്വതി സരസ്വതി കൂടെയുണ്ടെങ്കിൽ ആരെ പേടിക്കണം ജീവിതത്തിൽ ഒന്നേ വീണ്ടും നേട്ടം ഇത് സരസ്വതീകടാക്ഷമാണ് വാക്കുള്ളവനെ തൂക്കൂല്ല കാരണം അവൻ്റെ വാക്ക് അഗ്നിയാണ് ജീവിതത്തിൽ ഏറ്റവും വലുതാണ് നല്ല വാക്ക് നല്ല വാക്ക് നാവിലുണ്ടാകണമെങ്കിൽ ബൃഹസ്പതിയെ വാചസ്പതിയെ സരസ്വതിയെ ഒക്കെ നല്ലപോലെ ഭരിക്കണം വാ തുറന്നുപോയാൽ തല്ലു വാങ്ങിക്കുന്നതാണ് നമ്മുടെ ഗതി വായ പൊളിച്ചാൽ പല്ലുവായിൽ വീഴും വെപ്പുപല്ലായത് കൊണ്ടല്ല മറ്റവൻ്റെ കൈയ്യടെ ആരോഗ്യമുണ്ട് ഇപ്പൊ സരസ്വതി കടാക്ഷിക്കണം കരമധ്യേ സരസ്വതി കരമൂലേ സദാഗൗരി ധർമ്മം കരമൂലത്തിലുണ്ട് ധർമ്മമാണ് വാക്കിനെയും ലക്ഷ്മിയെയും നിലനിർത്തുന്നത് യഥാ അഭ്യുദയ നിശ്രേയസി സധർമ്മ അഭ്യുദയവും നിശ്രേയസവും ധർമ്മത്താലാണ് അതുകൊണ്ട് ധർമ്മത്തെ മുറുകെ പിടിക്കണം അത് കഴിഞ്ഞ് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് വലത്തേക്കാലിൻ്റെ പെരുവിരലിൽ വലത്തേക്കൈ കൊണ്ട് പിടിച്ച് വലത്വശത്തേക്ക് വെച്ച് എഴുന്നേറ്റ് ഭൂമിയെ മൂന്നുരു തൊട്ടു വന്ദിച്ച് ഓം പ്രിയദത്തായി നമായെന്നുരുവിട്ട് മൂന്ന് പ്രാവശ്യം വന്ദിച്ച് സപ്തഋഷികളെയും സപ്ത സരോ സരസ്വുകളെയും സപ്ത നദികളെയും സപ്ത ചിരഞ്ജീവികളെയും ഒക്കെ സ്മരിച്ച് പ്രജ്ഞാവിവർധന മന്ത്രവും ജപിച്ച് ഒക്കെ അവര് ജീവിച്ചത് സ്കന്ധകുമാരസേനാനി സ്വാമി ശങ്കര സംഭവ എന്നുള്ളത് പ്രജ്ഞാവിവർധന മന്ത്രം കുട്ടിക്കാരത് ജപിച്ചാൽ പ്രജ്ഞ വർദ്ധിക്കും അങ്ങനെയൊക്കെയാണ് അവർ പിള്ളേരെ വളർത്തിയത് എന്നങ്ങനെ വല്ലാണോ ങ്ങനെ വല്ലതാണോ ഇന്നും അങ്ങനെയാണ് അത് ബാലവിഹാരിൽ പഠിച്ചാ മതി വീട്ടിൽ ചെല്ലുമ്പോ അമ്മ പറയലേ അവിടെ പഠിച്ചതൊക്കെ അവള് പറഞ്ഞതൊക്കെ അവിടെ പഠിച്ചാ മതി അവിടെ പരീക്ഷ എഴുതാ മതി ഇവിടെ അതൊന്നും കാണിച്ചേക്കരുത് എന്ന് പറയലേ കാരണം ഈ സ്കൂളിൽ ചെല്ലുമ്പോ ഭൂമി ഉരുണ്ടതും ഓത്തുവള്ളിയിൽ ചെല്ലുമ്പോ ഭൂമി വരന്നതും അല്ലേ ഓത്തുവള്ളിയിൽ പറയും ഉരുടെ ഭൂമി ഇവിടെയൊന്നും വേണ്ട അത് ഇസ്കൂളിലെ മാഷ്ടെടുക്കാൻ ഇവിടുത്തെ ഭൂമിയൊക്കെ പരന്നത് മാത്രം ഓത്തുവള്ളിയിലെ പരന്ന ഭൂമി ഇവിടെ വേണ്ടെന്ന് ഇസ്കൂളിലെ മാഷം പറയും ഏത് ഭൂമിയാണ് വേണ്ടതെന്ന് കൊച്ചം വിഷമിക്കുകയും ചെയ്യും ശരിയല്ല പിള്ളേരുടെ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ഒരുപോലെ അവിടെയാണ് ഈ ദർശനത്തിൻ്റെ പരമ്പരയിൽപ്പെടണം അതിനൊരു പരമ്പരയെ ബോധ്യപ്പെടുത്തുന്നു രണ്ടാം ഭാഗത്ത് ആരുടേതാണ് ആ പരമ്പര ദേവപ്രയാഗയിലും നന്ദപ്രയാഗയിലും രുദ്രപ്രയാഗയിലുമൊക്കെ പോയ ഓർമ്മയുണ്ടെങ്കിൽ ആ അതിലൊരു പ്രയാഗഘട്ടത്തിൽ ചെല്ലുമ്പോൾ രണ്ട് എണ്ണം ചേരുന്നതിനാണ് പ്രയാഗ എന്ന് പറയുന്നത് അവിടെ ഒരിടത്ത് തെളിഞ്ഞ വെള്ളവും ഒരിടത്തു കലങ്ങിയ വെള്ളവും ഒന്നിച്ച് വന്ന് രണ്ടും കൂടെ ചേർന്ന് കലങ്ങിയൊഴുകുന്ന ഒരിടത്ത് ചുഴികളുണ്ടായി ഒഴുകുമ്പോൾ അതിലിറങ്ങി കുളിക്കാനൊഴുകുമ്പോൾ അവിടെ കുളിക്കുന്ന വൃദ്ധനായ ആള് പറയും കുഞ്ഞെ ആ ചങ്ങലയിലൊന്ന് പിടിച്ചു മുങ്ങിക്കും അവിടെ ഒരു ചങ്ങല കണ്ടിട്ടുണ്ടോ ഇല്ല നല്ല ഇരുമ്പ് കുറ്റി ഉറപ്പിച്ച് അതിൽ അതേ മുറുക്ക പിടിച്ചുകൊണ്ട് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ നീ ചിലപ്പോൾ അന്ന് ഗുപ്തകാശി വരെ പോകുന്നു എന്ന് പറയും അതൊരു ചങ്ങലയുണ്ട് ചങ്ങലയിൽപ്പെടണം ഈ അറിവ് കിട്ടണമെങ്കിൽ നാരായണം പത്മഭവം വശിഷ്ഠം ശക്തി ച തത്പുത്ര പരാശരം ച്യാസം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമസ്യ ശിഷ്യം ശ്രീശങ്കരാ ഇങ്ങനെ ലോകത്തു ഭാവാതീതന്മാരുടെ ഒരു പരമ്പരയുണ്ട് ഇതുപോലെ ഒരു വലിയ പരമ്പര ഒരു ബൃഹത് പരമ്പര അവരായി ഭൂമിയിൽ ജീവിച്ചവർ ആ പരമ്പരയെ നാരായണ ഗുരു അടുത്ത ശ്ലോകങ്ങളിലൂടെ പരിചയപ്പെടുത്തുക പരമ്പരാശ്രിതമാണ് സംസർഗവിദ്യവർഗവിദ്യ ഇതിന് പല പേരുണ്ട് ഈ വിദ്യക്ക് സംവർഗവിദ്യ അത് അനുകമ്പയിലൂടെയാണ് കൈമാറുന്നത് ശിഷ്യന്റെ അജ്ഞാനത്തെ നീക്കുന്നതിന് പരമകാരുണികനായ ഗുരു തൻ്റെ ഹൃദയം തുറന്ന് ശിഷ്യനിലേക്ക് വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മൗനത്തിലൂടെ സന്നിവേശിപ്പിക്കുന്ന അതിലൊരു അപകടം ഒളിഞ്ഞിരിക്കണ്ട് വാക്കുകളിലല്ല സാർ വാക്ക് മുഴുവൻ പഠിച്ചു വിടുവും ഗുരുവിന്റെ മൗനം പഠിക്കണം വാക്കിൽ അനുകമ്പയില്ല വാക്കിന്റെ യുക്തികളിൽ കാല്ഷ്യമുണ്ടാവും വാഗതീതമായൊരു അനുകമ്പയിലാണ് ഗുരുതടാക്ഷത്തിൻ്റെയും ഗുരുതാരുണ്യത്തിൻ്റെയും അസുലഭ സൗഭാഗ്യങ്ങൾ ഊർന്നൊഴുകുന്നത് അതൽപ്പം കുടിച്ചാൽ അജ്ഞൻ വിജ്ഞാനിയായി മാറും അതിന് ഗുരുവിൻ്റെ വാക്കുകളിൽ മറഞ്ഞിരിക്കുന്ന മൗനത്തിൻ്റെ മന്ദഹാസം ആസ്വദിക്കണം വാക്കുകൾ ആസ്വദിക്കാൻ പോകരുത് വാക്കുകൾ ആലങ്കാരികങ്ങളാണ് അവയിൽ അലങ്കാരങ്ങളുണ്ടാവും ഘടകുട്യാദിഭ്യം വാചാരംഭണം മൃത്തികേത്യേവ സത്യം കാണുമ്പോ ഘടവും കുട്യയും ഒക്കെ കാണും മൃത്തിക കാണില്ല സ്വർണക്കടയിൽ ചെന്ന് ശങ്കരാഭരണവും അലഞ്ഞിപ്പുമാലയും ചെത്തും ചെയിലും ഒക്കെ കാണും ഇമിക്കയും കുണ്ടലവും ഒക്കെ കാണും സ്വർണം കാണില്ല സ്വർണം കാണും അതിൻ്റെ ഉടമ മാത്രം നിങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയും അതിൻ്റെ പേരിനുള്ള ഗുഡുവില്ലും എല്ലേർത്തൊരു വില വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി രണ്ടാഴ്ച കഴുത്തിലിട്ടിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്താൽ സ്വർണത്തിന്റെ വിലയിൽ നിന്ന് പണിക്കൂലി കുറച്ചൊരു വില ഇങ്ങോട്ട് തരുമ്പോ സ്വർണത്തോടൊപ്പം പണിക്കൂലി കൂട്ടിയൊരു വില അങ്ങോട്ട് വാങ്ങുമ്പോ പണിക്കൂലി കുറച്ചൊരു വില കാരണം തട്ടാൻ സ്വർണമേ കാണുന്നുള്ളൂ അതുകൊണ്ടവൻ തട്ടാൻ മനസ്സിലായില്ല െന്ന് പറയാത്ത അതുകൊണ്ടാ മറ്റേ പദമാമ്പോഴേ ചേരുള്ളൂ നിങ്ങളോ സ്വർണം കാണുന്നില്ല സ്വർണം കാണാത്തത് കൊണ്ട് നിങ്ങൾക്കറിവില്ലാതെ പോകുന്നു സ്വർണം കാണുന്നത് അവൻ അറിവുണ്ടാകുന്നു വാചാമോചരമായ ഗൗരവത്തെ ആ ഗൗരവത്തെയാണ് ഗുരുവിൻ്റെതെന്ന് പറയുന്ന മൗനമെന്ന് പറയുന്നത് ആ മൗനത്തെ അതിലടങ്ങിയിരിക്കുന്ന മന്ദഹാസത്തെ അതിൽ സംശയിച്ചു വച്ചിരിക്കുന്ന ഏതൊരു ശിഷ്യൻ കണ്ടെത്തുന്നുവോ അവൻ ഇരുളു നീങ്ങി ഏതൊരുവൻ വാഗർദ്ധങ്ങളുടെ നശ്വര വൈഖരിയെ അവലംബിച്ച് യുക്തികളെ തിരിങ്ങുന്നുവോ അവൻ അജ്ഞനായി സംസാരത്തെ തന്നെ ഉണ്ടാക്കുകയും അതിൽ കെട്ടപ്പെട്ട് കിടന്ന് കളിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും ഗൗരവത്തിന്റെ രണ്ട് തലങ്ങളാണ് അനുകമ്പാ അതുകൊണ്ട് ആ മൗന മന്ദഹാസത്ത് തലയിലേക്ക് ഗുരു കല്പിതമായ അനുകമ്പയുടെ അത്യന്താസ്വത്യമായ മേഖലയിലൂടെ പോകാൻ ഒരു പരമ്പരയിലേക്ക് അതിൻ്റെ സംഗത ഭൂമിയിലേക്ക് അതിൻ്റെ സൈഗത നിങ്ങളെയും രണ്ടാം ഭാഗത്ത് ക്ഷണിക്കുകയാണ് അങ്ങനെ ചോദിച്ചോണ്ടത് ആരാണി അനുകമ്പയാണ്ടവൻ ഗുരുവാണോ ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ ആരെല്ലാമാണ് ഗുരുക്കന്മാർ അതിലാദ്യം തന്നെ അദ്ദേഹം സ്മരിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് നാരായണ ഗുരു ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം ആധുനിക ശാസ്ത്രപണ്ഡിതന്മാരും ആധുനിക സാഹിത്യകാരന്മാരും ഒക്കെ ഇതിനെ വച്ച് ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അടുത്ത കാലത്തും വാദപ്രതിവാദത്തിന് കാരണമായിട്ടുണ്ട് നാരായണ ഗുരു ഗീതയ്ക്ക് വ്യാഖ്യാനം ചമച്ചില്ല ഈശാവാസ്യത്തിന് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ വ്യാഖ്യാനം തർജ്ജമയായി ശുദ്ധ മലയാളത്തിൽ ഈശാവാസ്യം ഇതം ജഗത്യം ജഗത് തേന തെന ബുഞ്ചീത മാടങ്ങുന്ന ഈശാവാസ്യത്തിന് ഈശൻ ജയത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് മുക്കുതനായി ആശിക്കരുത് ആരുടെയും ധനം എന്ന് വളരെ ലളിതകോമളമായ മലയാളത്തിൽ അദ്ദേഹം തർജ്മ നിർവഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഗുരു ബ്രഹ്മസൂത്രത്തെ അവലംബിച്ച് തൻ്റെ ഹൃദികൾ രചിച്ചു ദർശനമാലയിലും പൗരാണിക ദർശനങ്ങളിൽ പലതിനെയും പിൻപറ്റിയിട്ടുണ്ട് ഗുരുതന തുറന്ന് പറഞ്ഞിട്ടുണ്ട് ശങ്കരമതമാണ് നമ്മുടെ മതമെന്ന് അർത്ഥശങ്കയില്ല പക്ഷെ ഗുരു ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ചില്ല എന്നൊരു പോരായ്മ അനുകൂലവും പ്രതികൂലവുമായി തർക്കമു നിർത്തുന്നവരുണ്ട് അവരനുകാ വായിക്കാത്തതുകൊണ്ടാണ് ഭഗവത്ഗീതയെയും കൃഷ്ണനെയും ഗുരു പൂർണ്ണമായി സ്മരിക്കുന്നത് അനുകമ്പാദശത്തിലാണ് പരമ്പരയുടെ ആദിമ പൊരുൾ തേടി ഗുരു പോകുമ്പോൾ അന്ന് ഗീതയെ വ്യാഖ്യാനിച്ചിരുന്ന ആളുകളോട് സമരസപ്പെടാനാവാത്ത തൻ്റെ ദിഷണയ്ക്ക് മുമ്പിൽ അവരെ വേദനിപ്പിക്കുവാൻ പറ്റാത്ത അനുകമ്പയും അതേസമയം അവരുടെ വ്യാഖ്യാന രീതികളെ ഉൾക്കൊള്ളുവാൻ പറ്റാത്തൊരവസ്ഥയും ശങ്കരമതത്തിൻ്റെ കാതലായ അംശങ്ങൾ അറിഞ്ഞ ഗുരുവിന് നേരിട്ടിട്ടുണ്ടാവണം അദ്വൈത വേദാന്തം പഠിക്കുകയും അദ്വൈത സമീക്ഷയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ശരാശരി ഭാരതീയന്റെ മുമ്പിൽ എന്നും ഒരു ചോദ്യചിഹ്നമാണ് ഗീതയും കൃഷ്ണനും അർജുനനും തീരാ ഉണ്ടാക്കുന്ന മാനവപ്രകൃതി അവൻ്റെ തന്നെ കാമനകൾ കൊണ്ട് അവസ്ഥാന്തരങ്ങൾ സൃഷ്ടിച്ച് തന്നിൽ തന്നെ ദുഃഖിക്കുമ്പോൾ അവൻ അവന്റെ തന്നെ കുടുംബത്തിൽ ഏറ്റുമുട്ടി ദുഃഖിക്കുമ്പോൾ അവനുണ്ടാക്കിയ സംഘങ്ങളിൽ ആശയ സംഘടനത്തിൽ നിന്ന് ശാരീരികങ്ങളായ സംഘടനകളിലേക്ക് അവൻ വളർന്നു വികസിക്കുമ്പോൾ അവൻ കൽപ്പിച്ചുണ്ടാക്കിയ രാജ്യമാതൃകകളിൽ രാജ്യാന്തര വിപത്തുകൾ എതിർത്ത് പരസ്പരം അടരാടുമ്പോൾ അതിൽ നിന്നെല്ലാം തന്റെ സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകാൻ ഉപദേശിക്കേണ്ട ഉത്തമനായൊരു ഗുരു ഹിംസാത്മകമായ യുദ്ധത്തിലേക്ക് പ്രചോദനം നൽകുക എന്നത് ശരാശരി ബുദ്ധിയുള്ളവന് സംഘർഷത്തോടെ അല്ലാതെ സ്വീകരിക്കാനാവില്ല ഇത് ഗീത പഠിക്കുന്ന എല്ലാ മനസ്സുകളുടെയും വേദനയാണ് ഭഗവത്ഗീതയെയും കൃഷ്ണനെയും നെഞ്ചിലേറ്റിലാടിച്ചു പോകുന്ന ഒരു ഭാരതീയനോട് ഒരു ഹിന്ദുവിനോട് മുമ്പിൽ നിൽക്കുന്ന ബന്ധുക്കളൊക്കെ ഉണ്ടായി മറയുന്നവരാണ് അതുകൊണ്ടവരെ കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടായി മറയുന്നവരാണെങ്കിൽ എന്തിനു കൊല്ലാതിരുന്നു എന്നൊരു ചോദ്യത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നവന്റെ തലച്ചോറിൽ ഉണ്ടാവും അതിനും അപ്പുറം അനുകമ്പയെ നെഞ്ചിലേറ്റുന്ന ഒരു ആചാര്യനിൽ നിന്ന് ഗുരുവിൽ നിന്ന് ഹിംസയുണ്ടായാൽ അതെങ്ങനെ അനുകമ്പയായി വ്യാഖ്യാനിക്കുമെന്ന് വിഷമവും ഉണ്ടാവും സാർവലൗകികമായൊരു സത്യമാണ് അനുകമ്പയെങ്കിൽ ഗുരുപാണ്ഡവകുമാരന്മാരുടെ മാത്രം മത്സരബുദ്ധിയിൽ ആവിർഭവിക്കുന്ന ഒരു യുദ്ധത്തിൽ ചത്തൊടുങ്ങുന്ന ആനയും തേരും ആനയും കുതിരയും അതോടൊപ്പം വരുന്നൊരു ജനസമൂഹവും എന്തു പിഴച്ചു എന്ന ചോദ്യവും ബാക്കിയുണ്ടാവും ഇതൊന്നുമില്ലാതെ എന്റെ മതത്തിൻ്റെ തന്നൊരു അഭിമാനത്തിൽ എന്തും പഠിക്കാം എന്തും പറയാം അത് സർവസമ്മതമാവില്ലെന്ന് മാത്രം അതുകൊണ്ട് ഗീതയെ അതുകൊണ്ട് ഭഗവത്ഗീതയെ ഒരു വാക്കിൽ സംക്ഷേപിച്ച് കൃഷ്ണനെ ആ ഗൗരത്വത്തിൻ്റെ അത്യന്ത ഭാസുരമായ ലോകത്തേക്ക് ഉയർത്തുകയാണ് നാരായണ പരമാർത്ഥ മുർവിടും ഗുരുവോ ഈ ചൈതന്യമാണ്ടവൻ പൊരുളോ ഭൂതദയാക്ഷമാറ്റ പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ഗുരുദേവന് സംശയമൊന്നുമില്ല പരമ്പൊരുളാണ് എൻ്റെ കൃഷ്ണൻ സച്ചിദാനന്ദനാണ് എൻ്റെ കൃഷ്ണൻ അയാൾ ഒന്നേ ഗീതയിൽ ഉരുവിട്ടിട്ടുള്ളൂ പരമാർത്ഥം മാത്രം യുദ്ധം അയാൾ ഉരുവിട്ടിട്ടില്ല യുദ്ധം അജ്ഞന്റെ അനുക അനുകമ്പയില്ലായ്മയിൽ ആവിർഭവിക്കുന്നു വിജ്ഞന്റെ അനുകമ്പയിൽ ആവിർഭവിക്കുന്നില്ല ഇതിൽ ഗുരുദേവന് സംശയലേശമുണ്ടായിരുന്നുവെന്ന് തോന്നുന്നില്ല കാരണം വാക്കുകൾ അത്ര മനോഹരങ്ങളാണ് പരമാർത്ഥമെന്ന വാക്ക് വേദാന്തശാസ്ത്രത്തിൻ്റെ അത്യന്ത ഭാസുരമായ വാക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ മുൻനിർത്തി മഹാഭാരത യുദ്ധക്കളത്തിൽ ആയുധമെന്താത്ത തേരാളിയായി നിന്ന് സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ദേഹത്തിൽ താൻ ഗുരു മാത്രമാണെന്നും തനിക്ക് യുദ്ധമില്ലെന്നും യുദ്ധങ്ങൾ അജ്ഞന്മാരുടേതാണെന്നും യുദ്ധങ്ങളൊന്നും അരുതെന്നും ഉപദേശിച്ചാൽ അത് പരമാർത്ഥമായി യുദ്ധമുണ്ടായാൽ അതിരുളായി ഇരുളിൻ്റെ പ്രതിരൂപമാണ് ഭഗവാൻ എങ്കിൽ തീർച്ചയായും ഭഗവാന്റെ അരുളപ്പാട് യുദ്ധത്തിൻ്റെ താഹളമാണ് ഇരുളല്ല അരുളാണ് അൻപാണ് അനുകമ്പയാണ് എങ്കിൽ സാർവലൗകികമായ അനുകമ്പയുടെ അത്യുദാരമായ ലോകത്തെ അത്യുജ്വലമായ അനുകമ്പയായി ഇത് ാരായണ ഗുരുവിൻ്റെ സുപ്രസിദ്ധമായ ശൈലിയും വ്യാഖ്യാനവുമാകും അന്നുവരെ ശങ്കരന്റെ ഭാഷ്യത്തെ മാറ്റി നിർത്തിയാൽ ഗീതയെ തൊട്ടവരെല്ലാം ഗാന്ധിയാകട്ടെ കാക്കാ കലേൽക്കറാകട്ടെ വിനോദഭാവയാകട്ടെ ബാലഗംഗാധര തിലകനാവട്ടെ എണ്ണമറ്റ ആചാര്യ പാരമ്പര്യത്തിലെ ആചാര്യവര്യന്മാരാകട്ടെ ഗീതയിലൂടെ സമർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടത് സ്വാതന്ത്ര്യ സമരവും അതിലടങ്ങിയൊരു യുദ്ധവും അതിനെ ന്യായീകരിക്കുന്നൊരു ദർശനവുമാണ് ആ ദർശനം ജനഹൃദയങ്ങളേറ്റുവാഴിയപ്പോൾ ഗീതയെ പ്രമാണമാക്കി തന്നെ സ്വസഹോദരന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ പേടിക്കേണ്ടെന്ന് അവൻ തന്നെ പഠിച്ചപ്പോൾ ആദ്യം അതെന്റെ പ്രസ്ഥാനത്തിനെതിരായി വരുന്നവരോടുള്ള ആ ഗീത പഠിപ്പിച്ച പ്രസ്ഥാനങ്ങൾ എതിരാളികളോട് ഏറ്റുമുട്ടി അതിൻ്റെ വളർച്ചയുടെ ഉന്നത ഘട്ടത്തിൽ എതിരാളികളെ പുറത്തുതേടാൻ ആലസ്യം അനുവദിക്കാതെ വന്നപ്പോൾ തങ്ങളിൽ തന്നെ തേടി ബന്ധങ്ങളില്ലല്ലോ എന്നറിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടരെ തന്നെ തിരഞ്ഞു കൊല്ലുവാനും അഴിക്കുവാനും പോകുന്നതിലേക്ക് ഹൈന്ദവ സമൂഹവും ഭാരതീയതയും ഇന്ന് വളർന്നു കഴിഞ്ഞുവെങ്കിൽ ഗീതയിലെ കൃഷ്ണനേക്കാൾ അതിന് വ്യാഖ്യാനം നിർവഹിച്ച ബന്ധം നോക്കണ്ടെന്ന് പറഞ്ഞ പുത്തൻകൂറ്റുകാരുടെ വ്യാഖ്യാന ഭേദങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഗുരുവിനെ സ്മരിക്കുന്ന ഈ വേളയിൽ പറയാതെ വയ്യ ഇതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഈ പരമ്പര നാരായണ ഗുരു സ്മരിക്കുന്നത് കൃഷ്ണനിലാരംഭിച്ചാണ് പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ കൃഷ്ണൻ ഒന്നേ ഉരച്ചുള്ളൂ ഒന്നേ പറഞ്ഞുളു പരമാർം അശോച്യർജുന യഥാഹരതേ ചാർമംഗീവ ഇന്ദ്രിയ അർജുന ഞാനൊരറ്റത്തു നിന്ന് ഇടയിലൂടെ ഇടയിലൂടെ കൃത്യമായി കടന്നു പോവാണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ുദ്ധേ പരം ബുദ്ധ്വാ സംഭ്യത്മാനമാത്മന ജാബാഹു കാമൂപം ദുരാസം ഉദ്ധരെത്മനത്മാനം നത്മാനമവസാദയേ ആത്മവ്യഹ്യത്മനോ ബന്ധുരാത്മൈവ റിപുരാത്മന എത്ര യോഗീശ്വര കൃഷ്ണവും ഇത്രേം മതിയാവും ഇതടുക്കോടെ നോക്കിക്കണ്ടാൽ ഗീതയും കൃഷ്ണനും അഹിംസയുടെയും അനുകമ്പയുടെയും അത്യുദാരങ്ങളായ രോഗങ്ങളിലേക്ക് ഉയരും അതൊരു ദിഗർശനം നടത്തിയിട്ട് സമയം തൃക്കും ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ വേണ്ടതാണെന്ന് തോന്നിയാലേ ഊണ് കഴിഞ്ഞിരിക്കാവും അല്ലെങ്കിൽ ഉണ്ടിട്ട് വീട്ടിൽ പോക്കണം